നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുകയും വഴിതടയുകയും നിങ്ങളുടെ സദസ്സുകളിൽ മ്ളേച്ഛമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അദ്ദേഹത്തിന്റെ ജനത നൽകിയ മറുപടി നീ സത്യവാൻമാരിൽപ്പെട്ടവനാണെങ്കിൽ അള്ളാഹുസുബാനഹുവ ചായാലായായുടെ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരൂ എന്നു പറഞ്ഞതല്ലാതെ മറ്റൊന്നുമല്ലായിരുന്നു